കാനനം കണ്ടേൻ പേരും കാനനം കണ്ടേൻ മേലെ വാനത്തിലൊളിവീശും മുഴുമതി കണ്ടേൻ കാനനം കണ്ടേൻ പേരും കാനനം കണ്ടേൻ മേലെ വാനത്തിലൊളിവീശും മുഴുമതി കണ്ടേൻ പൊറ്റക്കുന്നുണ്ടേ ൊറ്റ കുന്നുണ്ട് അതിൻ്റെ ചുറ്റിലു മുറവ പെൾപൊയ് കയുമുണ്ട് പൊറ്റക്കുന്നുണ്ട് അവിടെ പോറ്റക്കുന്നുണ്ട് അതിൻ്റെ ചുറ്റീലു മുറവ പെൾപൊയ് കയുമുണ്ട് ഗാന്ധിയെ തൻ്റെ ഗാന്ധിയും കണ്ടേൻ ഉപശാന്തിയിൽ ഞാൻ മുങ്ങി മുഴുകി കൂളിച്ചേൻ ഗാന്ധിയെ കണ്ടേൻ തൻ്റെ കാന്തിയും കണ്ടേൻ ഉപശാന്തിയിൽ ഞാൻ മുങ്ങി മുഴുകി കൂളിച്ചേൻ എന്തു വിദ്യയോ ഇതുമായി വിദ്യയോൻ ഗുത്തജ്യോതിമാറച്ചിരുൾമൂടി വന്നതു കണ്ടേൻ എന്തു വിദ്യയോ ഇതു മെന്തു വിദ്യയോ ഗുത്തജ്യോതിമാറച്ചിരുൾമൂടി വന്നതു കണ്ടേൻ പാഞ്ഞു വേളീച്ചം വീണ്ടും പാഞ്ഞു വേളീച്ചം അരുൾ പൂണ്ടോരന്മേ ും കണ്ടേൻ പാഞ്ഞു വേളീച്ചം വീണ്ടും പഞ്ഞു വേളീച്ചം അരുൾ പൂണ്ടോരൻമേനി കൂളീർപ്പതും കണ്ടേൻ കുന്നിനു മീ തേ അങ്ങാ ഒരു സ്വർണ്ണ തേരും കുതിരകളും നിൽപ്പതു കണ്ടേൻ കുന്നിനു മീതേ അങ്ങാ ഒരു സ്വർണ്ണ തേരും കുതിരകളും നിൽപ്പതു കണ്ടേൻ കണ്ണനെ കണ്ടേൻ നമ്മുടെ കണ്ണനെ കണ്ടേൻ മണിവർണ്ണനാജ്ഞാനക്കുലഗീരി കണ്ടേൻ കണ്ണനെ കണ്ടേൻ നമ്മുടെ കണ്ണനെ കണ്ടേൻ മണിവർണ്ണന ജ്ഞാനക്കുലഗിരി കണ്ടേൻ തേനകളുണ്ടാം ചുപ്രസേനകളുണ്ടാം കുതിര ആന തേരുമാവശ്യം പോലെ വീടെയുണ്ടാം തേനകളുണ്ടാം ചുപ്രസേനകളുണ്ടാം കുതിര ആന തേരുമാവശ്യം പോലെ വീടെയുണ്ടാം കണ്ണൻ്റെ തേരിൽ നീലക്കണ്ണൻ്റെ തേരിൽ അതിഖിന്നനായി നിൽക്കുമൊരു തരുണനെ കണ്ടേൻ കണ്ണൻ്റെ തേരിൽ നീലക്കണ്ണൻ്റെ തേരിൽ തി ഖിന്നനായി നിൽക്കുമൊരു തരുണനെ കണ്ടേൻ ഉറ്റോരെ കൊല്ലാൻ പയ്യെന്നുടയോരെ കൊല്ലാൻ പുലമറ്റ ശേഷം ഭരിച്ചാലതെന്തു ഭരണം ഉറ്റോരെ കൊല്ലാൻ പയ്യെന്നുടയോരെ കൊല്ലാൻ പുലമറ്റ ശേഷം ഭരിച്ചാലതെന്തു ഭരണം ഇം മൊഴി കേട്ടു കണ്ണാനിംമൊഴി കേട്ടു തൻ്റെ ചെമ്മലർവതനത്തിൽ പുഞ്ചീരി പൂത്തു ഇം കേട്ടു കണ്ണാനിം മൊഴി കേട്ടു തൻ്റെ ചെമ്മലർവതനത്തിൽ പുഞ്ചിരി പോത്തു വില്ലെടുക്കൂന്നീ കൈയിൽ വില്ലെടുക്കൂന്നീ ആ പുല്ലോടൊക്കും ഹീനന്മാരെ പത്മമാീർക്കൂ വില്ലെടുക്കൂന്നീ കൈയിൽ വില്ലെടുക്കൂന്നീ ആ പുല്ലോടക്കും ഖീനന്മാരെ ഭസ്മമാീർക്കൂ വാടി നിൽക്കാതെ ചിത്തം പാടി നിൽക്കാതെ വെറും പേടി തൊണ്ടർ ചൊല്ലും മട്ടുവേദമൂതാതെ വാടി നിൽക്കാതെ ചിത്തം പാടി നിൽക്കാതെ വെറും പേടി തൊണ്ടർ ചൊല്ലും മട്ടുവേദമോതാതെ ഒന്നു താൻ സത്യം എന്നും ഒന്നു താൻ സത്യം അതീനെ കൊല്ലുവാനാകാം ഊനം ചെയ്യുവാനാകാം ഒന്നു താൻ സത്യം എന്നും ഒന്നു താൻ സത്യം അതീനെ കൊല്ലുവാനാകാം ൂനം ചെയ്യുവാനാകനം കണ്ടേൻ പേരും കാനനം കണ്ടേൻ മേലെ വാനത്തിലൊളിവീശും മുഴു മതി കണ്ടേൻ കാനനം കണ്ടേൻ പേരും കാനനം കണ്ടേൻ മേലെ വാനത്തിലൊളിവീശും മുഴു മതി കണ്ടേൻ கானனம் கண்டேன் பேரும் கானனம் கண்டேன் மேலே வானத்தில் வீசும் முழுமதி கண்டேன்